അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു തീർച്ചയായും അള്ളാഹു സുബാനഹൂവ ചാല നിങ്ങൾക്ക് ത ആലൂത്തിനെ ഒരു രാജാവായി നിയോഗിച്ചിരിക്കുന്നു അവർ ചോദിച്ചു അദ്ദേഹത്തിന് സമ്പത്തിന്റെ സമൃദ്ധി ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കാൾ രാജാവാകാൻ അർഹതയുള്ളവർ നമ്മളായിരിക്കെ എങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളുടെ രാജാവാകുക അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ ചാല നിങ്ങളെക്കാൾ അദ്ദേഹത്ത് തിരഞ്ഞെടുക്കുകയും അറിവിലും ശാരീരിക ശേഷിയിലും അദ്ദേഹത്തിന് വർധനവ് നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു സുബാനഹുവാല തന്റെ അധികാരം താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു അള്ളാഹു സുബ്ഹാനഹുവച്ച ആല എല്ലാം വിപുലമായി അറിയുന്നവനാകുന്നു